ആദ്യ ജനതയിലേക്ക് അവരുടെ സഹോദരനായ ഹൂദ് അലി ഹിസ്സലാമിനെ നാം അയച്ചു അദ്ദേഹം പറഞ്ഞു എൻറെ ജനതയെ നിങ്ങൾ അള്ളാഹു സുബഹാനുഹൂവത്ത് ആലയെ ആരാധിക്കുക അവനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ദൈവവുമില്ല നിങ്ങൾ വ്യാജം കെട്ടിച്ചമയ്ക്കുന്നവർ മാത്രമാണ്